نَعْبُدُهُ وَنَصْتَعِينُهُ وَنُفِّنُ بِهِ وَنَتَبُكَرُ عَلَيْهِ وَنَعْوذُ بِاللَّهِ مِنْ شُرُورِهُمْ فُسِّنَا وَمِنْ سِيِّئَاتِ أَعْمَالِنَا مَنْ يَحْدِهِ اللَّهُ فَلَا مُضُلَّ لَا وَمَنْ يُضُلِلْهُ فَلَا خَادِيَ لَا اشهدوا أن لا إله إلا الله وحده لا شريك لا واشهدوا أن محمدًا عبده ورسوله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 ഹ്മാന്റെരായ സഹോദരന്മാരെ സഹോദരികളെ ഈ ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു സുബാന ഹു താലായെ സൂക്ഷിച്ചു അവന്റെ അറിവിനെയും അവന്റെ നിരീക്ഷണത്തെയും അവന്റെ രേഖകളെയും എല്ലാം മേടിച്ചുകൊണ്ട് സൽക്രമകാരികളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ എന്നോടും നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ് നാം ഇപ്പോൾ ഷേബാൻ മാസത്തിന്റെ രണ്ടാം അർത്ഥഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പവിത്രമായ ഒരു മാസത്തെ നാം വരവേൽക്കുകയാണ് കഴിഞ്ഞ ഷേബാൻ മുതൽ ഈ ഷേബാൻ വരെയുമുള്ള നമ്മുടെ ഒരു വർഷത്തെ ആയുഷ്കാലത്തിൽ നമുക്ക് പരിചയമുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ഈ റബ്ബാൻ കിട്ടിയിട്ടില്ല നമ്മെ സംബന്ധിച്ചും തീർത്ത് ഈ റബ്ബാനം കിട്ടുമോ എന്ന് നമുക്ക് ആർക്കും പറയാനും നിർത്തിയില്ല ഇങ്ങനെ നമ്മുടെ പരിമിതമായ അറിവും ദുർബലമായ നിലവാരവും വെച്ച് നോക്കുമ്പോൾ ഈ മഹത്തായ മാസത്തിലേക്ക് നടന്നു നീങ്ങുവാനുള്ള നമ്മുടെ അർഹത നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങുവാനുള്ള സന്ദർഭങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് സത്യവിശ്വാസികൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും സ്വകാര്യതയും പരസ്യമായ കാര്യങ്ങളും നമ്മളടക്കം പറഞ്ഞതും നമ്മൾ ഉറക്കം പറഞ്ഞതും നമ്മൾ എഴുതിവെച്ചതും നമ്മൾ എഴുതി വെക്കാൻ തീരുമാനിച്ചതുമെല്ലാം അറിയുന്നവനായ ഒരു നാഥനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള അവന്റെ അറിവിന്റെ വിശാലതയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് അവന്റെ ബോധ്യത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്തപൂർണമായ വിശ്വാസം യഹീൻ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാം അള്ളാഹന്റെ അടുക്കൽ വിജയിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ പടച്ചതമ്പുരാൻ ഉറക്കമോ തൂങ്ങിയുറക്കമോ മയക്കമോ ബാധിക്കാതെ നമ്മുടെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നമ്മുടെ കാര്യങ്ങളും അറിയുന്ന പഠിച്ചവനെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തി തരുന്നത് അദൃശ്യമായ മുഴുവൻ ജ്ഞാനത്തിന്റെയും താക്കോലുകൾ തടച്ചവന്റെ കയ്യിലാണ് ആ അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ അറിയുകയില്ലാഹു ുംറിയും താഴോട്ട് വീണുപോകുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ ഒരു ധാന്യമണി ഈ ഭൂമിയുടെ അന്ധകാരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഒരു ധാന്യമണി അത് ഉണങ്ങിയതാവട്ടെ പച്ചിപ്പുള്ളതാകട്ടെ അങ്ങനെയുള്ള ഒരു ധാന്യമണി പടച്ചവന്റെ അടുക്കൽ വ്യക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥത്തിൽ ഇല്ലാതെ ഇല്ല അതിനിസ്സാരമായ കാര്യങ്ങൾ വരെ അവന്റെ അടുക്കൽ പ്രമാണബദ്ധവും രേഖപ്പെട്ടതും കൃപ്തമാക്കപ്പെട്ടതുമാണ് അങ്ങനെയുള്ള ഒരു പടച്ചവന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏടുകളെന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ ശാപാൻ മുതൽ കഴിഞ്ഞ ശാപാൻ മുതൽ ഈ ശാപാനിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് എന്റെ പ്രവർത്തനങ്ങളുടെയും എന്റെ നീക്കങ്ങളുടെയും എന്റെ കൈകാര്യങ്ങളുടെയും എന്റെ ക്രയവിക്രയങ്ങളുടെയും എന്റെ എല്ലാറ്റിന്റെയും കാര്യങ്ങളിൽ എന്താണ് ശരിയുള്ളത് എന്താണ് തെറ്റുള്ളത് എന്റെ സ്വകാര്യതകൾ എങ്ങനെയായിരുന്നു എന്റെ പരസ്യകാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്റെ സാമ്പത്തിക ഇടപാടുകൾ എന്തായിരുന്നു എന്റെ കുടുംബജീവിതത്തിലെ ബാധ്യതകൾ ഞാൻ ഇങ്ങനെങ്ങനെയാണ് നിർവഹിച്ചതെങ്കിൽ ഒരു കൂട്ടം നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് വളരെ ആവശ്യമാണ് കാരണം നാം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് പേടിയുണ്ടെങ്കിൽ നാം ആ പേടിയുള്ള വസ്തുവിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്യുക പാമ്പിന് പേടിയുണ്ടെങ്കിൽ പാമ്പിന്റെ അടുക്കലേക്ക് പോവുകയില്ല സിംഹത്തെ പേടിയുണ്ടെങ്കിൽ സിംഹത്തിന്റെ അടുക്കലേക്ക് പോവുകയില്ല കള്ളന് പേടിയുണ്ടെങ്കിൽ കള്ളന്മാരുള്ളിടത്തേക്ക് നമ്മൾ പോവില്ല പക്ഷെ അതേസമയം അള്ളാഹുവിനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം അള്ളാഹുവിന്റെ അടുക്കലെ ഓടിച്ചെല്ലലാണ് ഇതാണ് വ്യത്യാസം ഈ ഭൂമിയിൽ നാം ആരോട് ചോദിക്കുന്നുവെങ്കിലും ആ ചോദിക്കപ്പെടുന്നവരൊക്കെ നമ്മോട് അനിഷ്ടം രേഖപ്പെടുത്തുന്നവരാണ് നാം ചോദിക്കുമ്പോൾ ഇഷ്ടം രേഖപ്പെടുത്തുന്നവർ മാത്രമാണ് ചോദ്യകർത്താക്കളോട് ഇഷ്ടമുള്ള ഏക ആൾ അള്ളാഹു സുബ് ഹനോഹത്താലയാണ് ചോദിക്കുന്നവരോട് ഇഷ്ടമാണ് ആവശ്യപ്പെടുന്നവരോട് ഇഷ്ടമാണ് ഈ ഭൂമിയിലെ ഏത് നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കപ്പെടുന്നവരൊക്കെ ചോദിക്കുന്നവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് ഈ ഭൂമിയിൽ നിങ്ങൾ പേടിക്കുന്നവരൊക്കെ ആ പേടിക്കുന്നവരിൽ നിങ്ങൾ ഓടിയാകരുവരാണ് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുമ്പോൾ ആ പടച്ചവരടുക്കലേക്ക് അങ്ങോട്ട് ഓടി സത്യവിശ്വാസികൾ ഭേടിയുണ്ടെങ്കിൽ പടച്ചവന്റെ അടുക്കിലേക്ക് ചെന്നാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ഭേടിയും മാറും കാരണം നമ്മുടെ എല്ലാ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളും ഒരു പ്രമാണം നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് വായിച്ചു നോക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രംഗം വിശുദ്ധ സൂറത്തുൽ ഇസ്രായ് പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെയും ഭാഗ്യ സൗഭാഗ്യങ്ങൾ ഭാഗ്യദൌർഭാഗ്യങ്ങൾ അവന്റെ കെട്ടിത്തൂക്കിയിട്ടുള്ളത് അവന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും നിദാനങ്ങൾ മുഴുവനും അവൻ തന്നെയാണ് അങ്ങനെ ഖിയാമൻ നാളിൽ നാം അവന്റെ പുറത്ത് കൊണ്ടുവന്നു കൊടുക്കും കിതാബൻ ഒരു ഗ്രന്ഥം ഒരു എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകം ആ ഗ്രന്ഥങ്ങളെ അവൻ കണ്ടുമുട്ടും അവന്റെ മുമ്പിൽ നിവർത്തിവെക്കപ്പെട്ടതായിട്ട് വായിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ നിവർത്തിപ്പിടിച്ച് അവൻ നിവർത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല നിവർത്തിപ്പിടിച്ചു വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിവൃത്തിപ്പിടിച്ചാണ് അവൻ ആ ഗ്രന്ഥം കൊടുക്കുന്നത് എന്നിട്ട് ഓരോ മനുഷ്യരോടും അവിടുന്ന് പറയുന്നത് അല്ലയോ മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള നിന്റെ പ്രവർത്തനത്തിന്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിന്റെ ഇടപാടുകളുടെ നിന്റെ ശരിയുടെ നിന്റെ തെറ്റിന്റെ നിന്റെ ഗുണത്തിന്റെ നിന്റെ ദോഷത്തിന്റെ നിന്റെ പാപത്തിന്റെ നിന്റെ പുണ്യത്തിന്റെ എല്ലാ റെക്കാർഡുകളും ഇതാ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു ഇക്കറായ് കിതാബക് നിന്റെ ഗ്രന്ഥം നീയൊന്ന് വായിച്ചു നോക്ക് ഇന്ന് വേറെ ആരും ഒരു വിചാരണ നിനക്ക് വേറെ ആരും നിന്ന് ചോദ്യം ചെയ്യേണ്ടതില്ല വേറെ ഏതെങ്കിലും ഒരു ജഡ്ജിയോ കോടതിയോ വക്കീലോ നിനക്ക് ആവശ്യമില്ല നിന്റെ കാര്യങ്ങളിൽ ഗുണദോഷവംശങ്ങൾ മനസ്സിലാക്കാൻ നിന്റെ ഭാഗതയം അത് വിജയത്തിലേക്കാണോ പരാജയത്തിലേക്കാണോ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ തീയിലേക്കാണോ ശീതളമായ സ്വർഗത്തിലേക്കാണോ നിന്റെ യാത്ര എന്ന് നിനക്ക് ഗ്രന്ഥം കിട്ടുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപക്ഷെ ഗ്രന്ഥം കിട്ടുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഭാവിയെ സംബന്ധിച്ച് നിനക്കൊരു ബോധം വന്നിട്ടുണ്ടാകും ഭരണോത്വത്തുമ്പോൾ അതുകൊണ്ട് അത് മതി നിനക്ക് വിചാരണയായിട്ട് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മൾ സൽക്കർമ്മങ്ങളാണെന്ന് വിചാരിച്ച് വളരെയധികം വലുതാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണം നിഷ്ഫലമായി പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായി നമ്മൾ കൂട്ടിവെച്ചിട്ടുള്ള സൽക്കരമങ്ങൾക്ക് തന്നെ നിഷ്ഫലമാകുന്ന കാര്യം നമ്മൾ അങ്ങേറ്റം പേടിക്കേണ്ടതുണ്ട് അതാണ് പടച്ചവരെ സംബന്ധിച്ച അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങുക لأن هذا الحديث يحدث منه رب العزيز صبعا رضي الله عنه ندركنا الحديث نبي صلى الله عليه وسلم براني لعلم أن أقوام من أمته يأتون يوم القيامة بحسنات أمسال جبال إهاما بيطاء فيجعله الله هباء منظورة أما إنهم إخوانكم ومن يلدتكم ുമായിട്ട് അവർ വരും അങ്ങനെ ഹിമാലയ പർവ്വതം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അറബികൾക്ക് വളരെ വലിയ നിയമാകാനമായ ഒരു മലയുടെ പേരാണ് കനവും വ്യാപ്തിയുമുള്ള സൽക്കർമ്മങ്ങളുമായി ചെയ്യാമെന്നാണെങ്കിൽ മനുഷ്യൻ വരും അത് ചിതറി പൊടിച്ച് കാറ്റിൽ പറത്തുന്ന ധൂടികളാക്കി മാറ്റിക്കളയും അമാനത്തും ആ മനുഷ്യർ പുറമെയുള്ളവരായുമല്ല അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് ഒമിൻ ജില്ലത്തിക്ക് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണ് രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുന്ന മാതിര തിയാമല്ലയിൽ അവരെ നമസ്കരിച്ച ആൾക്കാരാണ് നിങ്ങൾ എങ്ങനെയാണോ രാത്രിയിൽ പടച്ച കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത് മതനിഷ്ഠകൾ അനുഷ്ഠിച്ചിരുന്നത് അതുപോലെയൊക്കെ ചെയ്ത ആൾക്കാരാണ് പക്ഷേ വലാഖിൻ ആരും കാണാത്ത ഏകാന്തമായ അവരൊറ്റക്കിരിക്കുന്ന സ്ഥലത്ത് പടച്ചവും വിരോധിച്ച കാര്യങ്ങൾ അവർ ചെയ്യും അപ്പോൾ അള്ളാഹുവിനെ അവർ പേടിക്കുകയില്ല ആളുകളെ പേടിക്കും ആളുകളുണ്ടാകുമ്പോൾ പകൽ ഭാര്യന്മാരായി നിൽക്കും പക്ഷേ രാഹ്യത്തിന്റെയും സ്വകാര്യതയുടെയും ആ അന്ധകാരത്തിൽ എത്തിപ്പെടുമ്പോൾ അവരുടെ കുറ്റവാസനങ്ങൾ രംഗത്തു അവർ അള്ളാഹു വിലക്കിയിട്ടുള്ള കാഴ്ചകൾ കാണുകയോ അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യും അങ്ങനെ പണച്ചവന്റെ മഹാനിൻ വിരോധിച്ചതിനെ പിച്ചു ചീന്തി കൊള്ളരുതായ്മകൾ രഹസ്യമായി ഒറ്റക്കാകുമ്പോൾ ചെയ്തുപോകുന്ന ആളുകളാണവർ അതുകൊണ്ടവർ വൃദ്ധാനുഷ്ഠാനമാകട്ടെ നമസ്കാരമാകട്ടെ ധർമ്മമാകട്ടെ ഹജ്ജ ആകട്ടെ ഉമ്രയാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഒരുപാട് സൽക്രമങ്ങളുമായി വന്നിട്ടും കാര്യമില്ല അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അവർ ഒഴിവാക്കുന്നില്ലയോ എന്നാൽ അവർ അപ്രകാരം ശിക്ഷിക്കപ്പെടും സഹോദരന്മാരെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുക പടസവന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുക അള്ളാഹുവിനെ മേടിക്കുക അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുവാൻ എന്താണ് മാർഗം നമ്മുടെ ജഹാലത്തിൽ നിന്ന് ഇൽമിലേക്ക് പോകലാണ് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പോകുക കാരണം എന്താണ് കവിതയാണ് ിത്തിൽ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മലത്തിൽ മൗത്ത് വന്ന് അവന്റെ ജീവൻ പിടിക്കുന്ന മരണമുണ്ടല്ലോ ആ മരണത്തിന്റെ മുമ്പ് തന്നെ മരിച്ചവനാണ് എന്ത് കാരണത്താൽ അവൻ ജാഹിരായതുകൊണ്ട് മതപരമായ വിഷയങ്ങളെ കുറിച്ചുള്ള അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിലും അവൻ മരണപ്പെട്ടു പോയവനാണ് വാജി സാമൂഹം അവരുടെ ശരീരങ്ങൾ അവരുടെ ജീവനെ കുഴിച്ചുകൂടിയിട്ടുള്ള കബറിടങ്ങളാണ് അതുകൊണ്ട് തന്നെ അറിവുകൊണ്ട് മനുഷ്യനെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്ന ജ്ഞാനം കൊണ്ട് ഏതൊരുത്തരം ജീവിപ്പിക്കപ്പെട്ടിട്ടില്ലയോ അവൻ മയ്യത്താണ് യഥാർത്ഥമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാടുകളിലെ അവനൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പില്ല അതുകൊണ്ട് അറിവിലേക്ക് പോകണം എന്താണ് അള്ളാഹുവിനെ അറിവ് അള്ളാഹു ആരാണ് അള്ളാഹു അവന്റെ മഹത്വത്തെ കുറിച്ച് അവന്റെ വലിപ്പത്തെ കുറിച്ച് അവന്റെ അധികാരത്തെ കുറിച്ച് അവന്റെ ശക്തിയെക്കുറിച്ച് അവന്റെ ജ്ഞാനത്തെ കുറിച്ച് അവന്റെ സിഫാർത്തുകളെ കുറിച്ച് അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു സബ്ബഹാനോ തല പരിചയപ്പെടുത്തിയതും മുഹമ്മദ് അബ്സബാഹു അലൈവിസ്ല പരിചയപ്പെടുത്തിയതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അറിയണം അത് വളരെ അത്യാവശ്യമാണ് മുഹമ്മദ് അബ്സഫാ സഹാഹിസ്ലിമിന്റെ അടുക്കല ഒരു ജൂത പണ്ഡിതം വന്നു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളുടെ തൗരാത്തിൽ എഴുതിവെച്ച ഒരു അത്ഭുതമായ കാര്യമുണ്ട് അതെന്താണ് പ്രവാചകൻ തിരക്കി അദ്ദേഹം പറഞ്ഞു അള്ളാഹു സുബാനുഹത്താനായ ഒരു വിരലിലാണ് ഏഴാകാശങ്ങളും അള്ളാഹുവിന്റെ മറ്റൊരു വിരലിലാണ് ഏഴ് ഭൂമികളും അല്ലാഹുവിന്റെ മൂന്നാമത്തെ വിരലിലാണ് മലകളും ചെടികളും അള്ളാഹുവിന്റെ നാലാമത്തെ വിരലിലാണ് വെള്ളവും മണ്ണും അഞ്ചാമത്തെ വിരലിലാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ മുഴുവനും ഇതെല്ലാം അള്ളാഹുവിന്റെ അഞ്ചു അസ് പിടിച്ച് അഞ്ചു വിരലുകളും പടച്ചത് പുരാൻ പറയുമെന്നാണ് ഈ ജൂതപണ്ഡിതൻ നബീണടുക്കൽ പറഞ്ഞത് അണപ്പല് കാണുന്ന രൂപത്തിൽ ചിരിച്ചുകൊണ്ട് അള്ളാഹു അലൈഹി സ്വലം ചിരിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയായതുകൊണ്ടാണ് അതിനെ അംഗീകരിച്ചുകൊണ്ട് റിസോർ അലൈഹി വസ്ല്ലാം ആ സമയത്ത് ഒരാഴ്ച മനസ്സിലാക്കേണ്ട പുറപ്രകാരം അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല പടച്ചവനെ അവർ കണക്കാക്കിയിട്ടില്ല പടച്ചവനെ കുറിച്ചുള്ള വിചാരമില്ല തോന്നലില്ല അവിടെ മനസ്സിൽ തന്നെ ഇല്ല നേരെ മറിച്ച് ആ ആരാണ് നമ്മൾ കടിപടി കൂടുന്ന വളരെ അത്യാഗ്രഹത്തോടുകൂടി പൊരുതി പടവെട്ടി സമ്പാദിക്കാൻ നോക്കുന്ന ഈ ലോകം ഈ ഭൂമി അവന്റെ ഒരു പിടുത്തത്തിലാണ് യോമൽ കയാമു ഈ ആകാശങ്ങൾ മുഴുവനും അവന്റെ വലത്തെ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുള്ളതാണ് കയാമെന്നാണെങ്കിൽ ശുഭാനൂൻ ആ അള്ളാഹുവിൽ ആണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത് എന്നാൽ അവൻ എത്ര പരിശുദ്ധൻ അവനിലാണോ നിങ്ങൾ പങ്കാളികൾ കേൾക്കാത്ത ബുദ്ധിയില്ലാത്ത പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ആഗ്രഹങ്ങൾ ദുർബലമായ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ആരോപിച്ചുണ്ടാക്കിയ ദൈവങ്ങളെയും മനുഷ്യ ദൈവങ്ങളെയും കവറുകളെയും മറ്റ് നിങ്ങൾ വിളിക്കുന്നത് ഈ ആകാശഭൂമികളെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കാൻ കഴിവുള്ള ഈ ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന പടച്ചവനെയാണോ അവനിൽ പങ്കുചേർക്കാനാണോ നിങ്ങൾ ഈ വ്യാജദൈവങ്ങളെ കൊണ്ടുവരുന്നതും അവരോട് നിങ്ങൾ സഹായം തേടുന്നതും അതാണ് പടച്ചതം വരാൻ അതുകൊണ്ട് സഹോദരന്മാരെ പറ്റുകയില്ല ആ പടച്ചവന്റെ നിലവാരത്തിലേക്ക് നമ്മൾ തിരിച്ചുപോകണം ആ അള്ളാഹുവിനെ നമ്മൾ അറിയണം ആ അള്ളാഹുവിന്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അപൂഹി എന്താണ് ലോകത്തിന്റെ സ്ഥിതി പലയിടത്തുമായി നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആകെ അവതാളത്തിലായ മനുഷ്യ ജീവിതത്തിന്റെ കുത്തഴിഞ്ഞ അരാജകത്വവും അനക്ഷിതാവസ്ഥയുമാണ് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ഇതെല്ലാം നബി സല്ലാഹു അലൈഹി വസ്ലം നേരത്തെ പ്രവചിച്ചതാണ് പടച്ചവനെ മറക്കുമ്പോൾ വരുന്ന അവതാളത്തിനും കാളക്രമങ്ങൾ തെറ്റിയ മനുഷ്യജീവിതത്തെയും നബി പറയുന്നത് സല്ലാഹുറു അലി വസ്ലം സൈഹദീസ് നബി പറയുന്നു മനുഷ്യരെ അങ്ങേറ്റം ചതിക്കുണ്ടിൽ ചാടിക്കുന്ന വർഷങ്ങൾ ആയുഷ്കാലങ്ങൾ ഈ മനുഷ്യരുടെ മുമ്പിൽ വരാനിരിക്കുന്നു യുസന്ത കുൽ ഖാദികു കളവ് പറയുന്നവൻ പറയുന്നതൊക്കെ ആളുകൾ വിശ്വസിക്കും ഓ കള്ളന പക്ഷെ പറഞ്ഞതൊക്കെ ആളുകൾ സ്വീകരിക്കും യുദ്ധിഹ സാധിക്കും സത്യം പറഞ്ഞാൽ തന്നെ ആളുകൾ കേൾക്കൂല അപ്പൊ സാധിക്കു സത്യം പറയുന്നവരെ ആളുകൾ തള്ളിക്കളയുകയും കളവ് പറയുന്നവരെ അംഗീകരിക്കുകയും ചെയ്യും യൂത്തമരൂ ആളെ പറ്റിക്കുന്നവൻ വിശ്വസ്തയോടുകൂടി സ്വീകരിക്കപ്പെടും ൾ വി വളരെ വിവരം കുറഞ്ഞ ആളുകൾ വലിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും അത് റുപൈ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞ ഉദ്ദേശം വളരെ നിസ്താരമായ വളരെ ശുഷമായ അറിവും കാര്യങ്ങളും ഉള്ള ആൾ വലിയ വലിയ വിഷയങ്ങളെ കുറിച്ച് വിധി പറയാനും പത്തു കൊടുക്കാനും ഒക്കെ തുടങ്ങും അതാണ് ഈ സമൂഹത്തിൽ വരാൻ പോകുന്നത് ജമതുകൊണ്ട് പടച്ചവനെ അടുക്കലേക്ക് മടങ്ങാനും അവന്റെ നീലനുസരിച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാകണം അള്ളാഹു അത്തരം സജ്ജനങ്ങളിൽ നമ്മൾ ഇവിടെ പ്പെടുത്തുമാറാകട്ടെ അലഹമില്ല <ợ contamination> ും റസലിക്കും അഹമ്മദും സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹുനെ സൂക്ഷിക്കുവാൻ എന്നോട് നിങ്ങളോട് ഞങ്ങളോട് എത്തുകയാണ് വിശാജിനെ കുറിച്ച ചില പരാമർശങ്ങൾ വിശുദ്ധ പ്രകാരം ഉണ്ട് വിശാജ് തന്നെ പഠിച്ചവനെ സംബന്ധിച്ച് അവന്റെ പേടി പ്രഖ്യാപിക്കുകയാണ് നമുക്ക് അള്ളഹാനും പേടിയ പക്ഷെ ചേത്താനും പേടിയുണ്ട് എന്നാ അതിന്റെ വചനം എന്താണ് പിഷാജ് പറയുന്നത് ആ ഷെയാൻ പിഷാജിന്റെ ഉദാഹരണം പോലെ ആ മനുഷ്യനോട് ഷെയ്താൻ കാഫുറായിക്കോ കാറായിക്കോ അതിന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വനത്തഭാഗത്തും ഇടത്തു ഭാഗത്തും ഒക്കെ ദുർബോധനം നടത്തി അവരെ കാഫുറാക്കി അങ്ങനെ ഈ പിശാചിന്റെ നിർബോധനം സ്വീകരിച്ചു കൊണ്ട് കൊള്ളരുന്നായ്മകളും പാപങ്ങളും അട്ടിപ്പയറായി പ്രവർത്തിച്ച് നീചമായ വിധാനത്തിലേക്ക് അവതാളത്തിലേക്ക് പോയിട്ടുള്ള മനുഷ്യൻ പടച്ചവന്റെ മുമ്പിൽ ശിക്ഷക്കാജരാകുന്ന സമയത്ത് ചൈത്താം പറഞ്ഞു ഇന്നെയും വലിയ ഇന്നെ തെരഞ്ഞെടുക്കണ്ട ഞാൻ പറഞ്ഞത് ഇത് കേട്ടതല്ലേ ഇപ്പോൾ നിന്റെ അടുക്കിലുള്ള എല്ലാ ബാധ്യതകളും ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട് ഇന്നി അഹാ ഹറബലീൻ ഞാൻ ലോകരക്ഷിതാവായ അള്ളാവിന് പേടിക്കുന്നവനാണ് എന്ന് പിശാജ് പറഞ്ഞു കഴിഞ്ഞുമാർ ഇതേ പ്രകാരം തന്നെ ഇബ്രാഹിമിന്റെ രകങ്ങൾ തീരുമാനിക്കപ്പെട്ട് രണ്ടു കൂട്ടരും രണ്ടു വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പർച്ചവങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടോത്തുക്കും ഞാൻ നിങ്ങളോട് പല വാഗ്ദാനങ്ങളും പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ലംഘിച്ചു അലയിക്കും നിങ്ങളുടെ മേൽ എനിക്ക് ഒരു അധികാരവും നിങ്ങളെ രക്ഷപ്പെടുത്താനോ നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾ അകത്തിൽ മോചിപ്പിക്കാനോ നിങ്ങൾക്ക് താങ്ങും തമിലുമായി നിൽക്കാനോ നിങ്ങൾക്ക് ധൈര്യം തരാനോ ഒന്നും എനിക്ക് സാധ്യമല്ല ഇല്ല എന്താ സദ്യ ഞാൻ നിങ്ങളെ മലാലത്തിലെ ക്ഷണിച്ചു നിങ്ങൾ ഉത്തരം ചെയ്തു അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി നിങ്ങൾ എന്നെ വിളിച്ച് സഹായം തേടേണ്ടതില്ല ഞാൻ നിങ്ങളെ വിളിച്ചൊരു സഹായം തേടിയിൽ അങ്ങനെ വലിയ കാര്യവുമില്ല കാരണം കമർത്തുമോനി എന്നെ പങ്കാളിയായി പടച്ചവനിൽ പങ്കാളിയാക്കിയതിനെ ഞാനിതാ നിഷേധിക്കുന്നു കപൽ ഇന്നാലിൻ അദാബിൻ അലിയും അക്രമികളായ ആളുകൾക്ക് വളരെ വേദനയുള്ള ശിക്ഷയുണ്ട് എന്ന് ചെയ്താനാ പറയു അതുകൊണ്ട് സഹോദരന്മാരെ പടച്ചവനെ ഭയപ്പെടുകയും ആ പേടി നിലനിർത്തുകയും ചെയ്യുക അതിന് ഉപയോഗിച്ച് അങ്ങനെ ഒരു പേടിയോടുകൂടി ഒരു പശ്ചാത്താപ മനസ്സുതിയോടുകൂടി ഒരു നല്ല മനസ്സോടുകൂടി ഒരു നിഷ്കളനവും പരിശുദ്ധവുമായ മനസ്സോടുകൂടി ഒരു ഈ മാസത്തെ നമ്മൾ അണിഞ്ഞ് നമ്മൾ സ്വീകരിക്കുക അങ്ങനെയാവുമ്പോഴേ അങ്ങനെയുള്ള ഒരു പരിശുദ്ധ മാസത്തെ പവിത്രമായ മാസത്തെ നമുക്ക് നൽകിയതിൽ അർത്ഥമുള്ളൂ നമ്മൾ അങ്ങോട്ട് കാര്യം അങ്ങനെ മഹത്തായ ഒരു വിശുദ്ധമായ ഒരു മാസത്തിലേക്ക് നമ്മൾ കാര്യം ഇങ്ങനെ ഒരു നല്ല ബോധത്തോടുകൂടി ഒരു നല്ല ചിന്തയോടുകൂടി ഒരു നല്ല സംസ്കരണ മനസ്സൃതിയോടുകൂടി ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടത് അതുകൊണ്ടാണ് ുംറിച്ച് നിന്നോട് ചോദിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നതിനെ നീ പേടിച്ചു നീ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ ക്ലിപ്തമായി രേഖപ്പെടുത്താതെ കഴിയുകയില്ല വയുതൂ അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാ മലക്കും നിന്റെ കരുക്കാടായിട്ട് വരും പക്ഷേ മലക്കുകൾ മറന്നിട്ടില്ല രണ്ട് മലക്കളി ഞാൻ എഴുതുന്നേ റത്തീബ് അതീതി എന്നീ രണ്ട് മലക്കുകൾ പറഞ്ഞ വലത്ത് എടത്തും ഇരുന്നു കൊണ്ട് റത്തീബും അതീതും നിന്റെ എല്ലാ പദങ്ങളും നീ ഉച്ച വാക്കുകളും രേഖപ്പെടുത്തുന്നുണ്ട് അവസരത്തിൽ നിന്റെ ഓരോ അനക്കങ്ങളെയും അടക്കങ്ങളെയും അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു നിന്റെ ശരീരത്തിൽ ആ തുടിക്കുന്ന ജീവനുണ്ടല്ലോ അത് ഞാൻ നിന്നെ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് സ്വത്താണ് ും നിന്റെ അടുക്കൽയോടുകൂടി പിടിച്ചെടുക്കപ്പെടും നീ ഏതൊരു ദുനിയാവിന് വേണ്ടി പഠിപ്പെട്ട് അധ്വാനിക്കുന്നുവോ അത് നിന്നെ പറ്റിക്കുന്ന ചരക്കാണ് ഈ ദുനിയാവിന്റെ ഹക്കീക്കത്ത് എന്ന് പറയുന്നത് അത് നശിച്ചു പോകുന്ന ആരോ തട്ടിപ്പറിക്കുന്ന നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിഭവം മാത്രമാണ് പകരും അതിൽ നീ കഴിക്കുന്ന ഓരോ ശ്വാസവും നമ്മൾ ശ്വാസം പെടുന്ന ഓരോ ശ്വാസങ്ങളും എണ്ണപ്പെടുന്നുണ്ട് അതൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട് ശ്വാസം നമ്മൾ വിടുന്ന ഒരു ദിവസത്തിൽ എത്ര ശ്വാസം കഴിക്കുന്നു എന്ന് പോലും നീ എന്തൊക്കെ വിഭവങ്ങൾ ഒരുമിച്ചു കൂട്ടി വലിയ മുതലാളിയായതും എല്ലാം നീ മരിച്ചാൽ നിന്റെ അടുക്കൽ നിന്ന് കവർച്ച ചെയ്യപ്പെടും അത് വേറെ ആരോ തട്ടിക്കൊണ്ടുപോകും നീ എല്ലാം ഒരുമിച്ചു കൂട്ടി എല്ലാത്തിന്റെയും ഉടമസ്ഥനാണെന്ന് നീ വിചാരിക്കുന്നില്ലേ പക്ഷേ നിന്റെ മരണമാണ് അവധി ആ മരിക്കുമ്പോൾ അത് കവർച്ച ചെയ്യാൻ വേറെ ആളുകൾ തയ്യാറായി കൊണ്ടുണ്ടാകും എന്നാണ് വളരെ നമ്മൾ ഉപദേശിക്കുന്ന ഈ കവിതയിൽ നമ്മൾ പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നാം ആലോചിക്കണം പുനരാലോചിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിച്ചവനെ പേടിക്കണം കുറ്റങ്ങളിൽ പശ്ചാത്തലപ്പിക്കണം അള്ളാവിനട കിലേക്ക് മടങ്ങണം അങ്ങനെ മടങ്ങുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു ശുഭഹാനുമാല നമ്മളെ ഉൾപ്പെടുത്തുമാറാകും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുവാറാകട്ടെ റഹ്മാനായ റബ്ബ് എല്ലാ ഭാപങ്ങളിലും രക്ഷപ്പെട്ട് വിശുദ്ധരായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഖുഹാൻ പഠിക്കുന്നവരും മതജ്ഞാനം നേടുന്നവരും കുടുംബത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരും പഠിച്ചവരെ പേടിക്കുന്നവരുമായ നല്ല അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുവാറാകട്ടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഷെഫീഖിന്റെ മൂത്താബയും അതുപോലെ തന്നെ ഹാവലിയിലുള്ള അഹമ്മദിന്റെ ഭാര്യയുടെ മാതാവ് രണ്ടുപേരും മരണപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട് പഠിച്ചതമ്പുരാൻ ആ സഹോദരി സഹോദരമാർക്ക് പലോകത്ത് اللهم اجعل منا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات من إنك الجليل التواب يا قاضي الحاجات ربنا اغفر لنا يا غافر الذنوب ربنا استر عهابنا عذاب الجحيم إن عذابها كان مراما إنها صارت مستقر ومقام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا وارحمنا الحمد لله رب العالمين اللهم صل وسلم وبارك علىك يا رسولك محمد وعلى اله وصحبه اجمعين صلاه